നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്നുകൊരിന്തർ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുന്നു അവവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവര് ഈ നവംബർ മാസത്തിൻ്റെ ഒന്നാം തീയതി ആദ്യ ഞായറാഴ്ച ഇന്ന് ഈ നിലയിൽ കൂടാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ ഒരു കർത്തൃമേശ ആചരിച്ചിട്ട് മാസങ്ങൾ പലത് കടന്നുപോയി ഇന്നും നമ്മൾ പല സ്ഥലങ്ങളിലിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്കൊരു കർത്തൃമേശ ആചരിപ്പാനായിട്ട് കഴിയുന്നില്ല കർത്താവ് പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിട്ടുള്ള രണ്ട് ആ നിലയിലുള്ള ആചാരങ്ങൾ കാണാവുന്ന ആ കർമ്മങ്ങളെന്ന് പറയുന്നത് സ്നാനവും അതുപോലെ തന്നെ കർത്തൃമേശയുമാണല്ലോ അതിൽ കർത്തൃമേശ നമുക്ക് ചില മാസങ്ങളായിട്ട് നമുക്ക് ആചരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നാൽ കർത്തൃമേശ ആചരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ ഇതാ ഒന്ന് കോരിന്തേർ പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ അല്ലെങ്കിൽ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതിൽ കർത്താവും പറഞ്ഞതും ആയിട്ട് ഇത് നോക്കുമ്പോൾ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കർത്തൃമേശ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ ഓർമ്മ കർത്താവ് സഹിച്ച പങ്കപ്പാടുകളുടെ കർത്താവ് സഹിച്ച സങ്കടങ്ങളുടെ ഓർമ്മ ആ ഓർമ്മയോട് താതാല്മ്യപ്പെട്ട് കർത്താവ് എന്തിനാണ് ആ സങ്കടങ്ങൾ സഹിച്ചത് അതിൻ്റെ പിന്നിലുള്ള ആ മനോഭാവം നമ്മളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ സഹിച്ച സങ്കടങ്ങളുമായിട്ട് നമുക്ക് താതാൽമ്യപ്പെടാൻ കഴിയുന്നതും കർത്താവിൻ്റെ ഓർമ്മയെ ഫലപ്രദമായിട്ട് ദൈവം നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നതും അല്ലെങ്കിൽ കർത്തൃമേശി ആചരിക്കുന്നതൊക്കെ വെറും ഒരു ചടങ്ങ് മാത്രമായി പോകും അപ്പോൾ കർത്തൃമേശി ആചരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആത്മാവെന്താണ് ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെവി യേശു ഈ ഭൂമിയിൽ നമുക്ക് മുൻപേ ഒരു ജീവിതം ജീവിച്ച് കടന്നുപോയി ആ ജീവിതത്തിൽ തന്നെ കൈയാളിയ ആ മനോഭാവങ്ങൾ അല്ലെങ്കിൽ താന് തൻ്റേതായിട്ട് താന് സ്വീകരിച്ച പ്രമാണങ്ങൾ നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയും അതിനെ ഓർക്കുകയും നമ്മളും നമ്മുടെ ജീവിതത്തിൽ അവയെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവ് കുടിച്ച പാനപാത്രത്തിൽ നിന്ന് നമ്മളും അതിൻ്റെ ഓഹരിക്കാരായിത്തീരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമുക്ക് അക്ഷരാർത്ഥത്തിൽ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ നിലയിൽ കർത്താവ് ജീവിച്ച ആ ജീവിത മനോഭാവങ്ങളുമായിട്ട് നമ്മൾ താതാൽമ്യപ്പെടുമ്പോൾ ഓ കർത്തൃമേശയുടെ ഒരു ആത്മാവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് നമുക്കിനി എന്നാണ് ഒന്നിച്ചു കൂടാൻ കഴിയുന്നതെന്നും ഈ നിലയിൽ കർത്തൃമേശ ആചരിക്കാൻ കഴിയുന്നതെന്നും നമുക്കറിഞ്ഞുകൂടാ എന്നാൽ കർത്താവ് ഈ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുക ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുതിയ നിയമമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പുതിയ നിയമം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ നമ്മൾ അതിൻ്റെ ആത്മാവിൽ നമ്മളെന്താ ആചരിക്ക എന്താ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട മൂന്ന് പ്രമാണങ്ങൾ നമുക്ക് കർത്താവിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലെ ആ കഷ്ടാനുഭവങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കാം ഒന്നാമത് നമുക്ക് യോഹനാൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ ആയതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ കർത്താവ് പത്രോസിനോട് പറയുന്നു പത്രോസെ നീ നിൻ്റെ വാള് ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടി അപ്പോഴ് തൻ്റെ മുമ്പിലുള്ള ക്രൂശാനുഭവങ്ങളെ എല്ലാത്തിനെയും യേശു എന്തായിട്ടാണ് പറയുന്നത് പിതാവ് എനിക്ക് കുടിക്കാനായിട്ട് തന്ന പാനപാത്രം എന്നാണ് പറയുന്നത് കഷ്ടാനുഭവങ്ങൾ മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വർഷമാണ് ഈ ലോകത്തെ ജീവിച്ചത് താൻ തൻ്റെ ജീവിതത്തെ തൻ്റെ സാഹചര്യങ്ങളെ തൻ്റെ ആ ജീവിതത്തിൻ്റെ എല്ലാ പരിമിതികളെയും അതേ നിലയിൽ കർത്താവ് സ്വീകരിച്ചു പിതാവ് എനിക്ക് തന്ന പാനപാത്രം എന്നുള്ള നിലയിൽ താൻ തൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളെ സ്വീകരിച്ചു നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികൾ നമ്മളൊക്കെ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന പോലെ ഒരു ജീവിതമായിരിക്കയില്ല നമുക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് പല നിലയിലുള്ള പരിമിതികളും നമ്മുടെ ജീവിതത്തിനുണ്ടാകാം സാമ്പത്തികമായ പരിമിതി ആരോഗ്യപരമായ പരിമിതി വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യമായ അംഗീകാരം സംബന്ധിച്ച് ഒക്കെ നമുക്ക് നമ്മുടേതായ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട് ഈ ജീവിതം നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഒരു പാനപാത്രമുണ്ട് ഈ പാനപാത്രത്തെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം എന്ന നിലയിൽ നമ്മളും സ്വീകരിക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളിത് പറയുമ്പോൾ ഇതിന് വേ നമ്മുടെ ജീവിതത്തിലെ പരിമിതികളും നിർഭാഗ്യങ്ങളും പല ആവശ്യങ്ങളും അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാണോ അല്ല നമുക്കറിയാം അപ്പോസലായ പൗലോസ് തന്നെ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു രണ്ട് കുരിഞ്ഞിർ പന്ത്രണ്ടാമത്തെയായോ അതിൻ്റെ എട്ടാമത്തെ വാക്യം നോക്കുക തന്നെ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു തൻ്റെ ആ പരിമിതി മാറാൻ പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് തൻ്റെ സാഹചര്യം മാറിയില്ല തൻ്റെ സാഹചര്യം അതേപോലെ തന്നെ തുടർന്നു പക്ഷേ തനിക്ക് ആ സാഹചര്യത്തെ നേരിടാനുള്ള ദൈവകൃപ ലഭിച്ചു കർത്താവായ യേശു തൻ്റെ മുമ്പിലുള്ള ഒരു സന്ദർഭത്തിൽ താൻ മൂന്ന് വട്ടം മൂന്ന് വട്ടം രസവനത്തോട്ടത്തിൽ ഒരേ കാര്യം ചൊല്ലി പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നിട്ട് ആ പുത്രൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പിതാവ് കേട്ടോ പിതാവ് അത് അംഗീകരിച്ചോ പിതാവ് അംഗീകരിച്ചതായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്നത് മറിച്ച് മൂന്നു പ്രാർത്ഥിച്ചപ്പോൾ ആ പാനപാത്രം കുടിക്കുക തന്നെയാണ് വേണ്ടത് തനിക്ക് മനസ്സിലാക്കി മനസ്സിലായി പക്ഷേ ലൂക്കോസ് അവിടെ ഒരു കൊച്ചു പാചകം ചേർക്കുന്നുണ്ട് സുവിശേഷം ഇരുപത്തിരണ്ടിന്റെ നാല്പത്തി മൂന്നാമത്തെ വാക്യം അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷമായി കണ്ടോ കർത്താവിൻ്റെ മുമ്പിലുള്ള ആ സാഹചര്യം മാറിയില്ല പക്ഷെ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകത്തക്കവണ്ണം യേശുവിനെ ശക്തിപ്പെടുത്തി പൗലോസിന് പ്രത്യേക കൃപ നൽകി നമുക്കും പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചില സാഹചര്യങ്ങൾ മാറ്റി തരികയും ഒക്കെ ചെയ്യും തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവൻ തന്നെയാണ് ദൈവം എന്നാൽ നമ്മളെന്താ അങ്ങനെയല്ല ദൈവഹിതം നമുക്ക് കൃപ തരികയോ നമ്മളെ ശക്തിപ്പെടുത്തുകയോ ചെയ്ത് ആ സാഹചര്യത്തെ അതേപോലെ തന്നെ നിലനിർത്തുകയാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളതിനെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം പിതാവാണ് എനിക്കിത് തന്നത് എൻ്റെ മുമ്പിൽ വെച്ചേക്കുന്ന ഈ ജീവിതം അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടെ പിതാവ് എനിക്ക് തന്നതാണ് എന്ന നിലയിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്ന ആ നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ നമുക്ക് തന്ന വീടിനെ നമുക്ക് തന്ന സാമ്പത്തികമായ ആ പരിമിതികളെ നമുക്ക് തന്ന ആരോഗ്യം ആരോഗ്യം അല്ലെങ്കിൽ രോഗം ഈ കാര്യങ്ങളെയൊക്കെ പിതാവ് എനിക്ക് തന്നതാണ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ അംഗീകരിക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിലൂടെ ഒക്കെ കടന്നു പോകാനുള്ള കൃപ ദൈവം നമുക്ക് തരും നമ്മളെ അവിടെ ശക്തിപ്പെടുത്തും പലപ്പോഴും നമ്മൾ നമുക്കത് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോഴാണ് ആ പ്രശ്നമില്ലല്ലോ നോക്ക് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ പാസ്സായി എൻ്റെ കുഞ്ഞ് മാത്രമാണ് മൂന്നോട്ടം എഴുതിയിട്ടും ഇതേ വരെ കിട്ടാതിരിക്കുന്നത് താരതമ്യം നമ്മളെ സഹായിക്കുകയില്ല മറിച്ച് താരതമ്യം നമ്മുടെ സങ്കടങ്ങളെ വർദ്ധിപ്പിക്കുകയേ ചെയ്തു ചെയ്യുള്ളൂ നമ്മുടെ പാനപാത്രം നമ്മുടേതാണ് അതുകൊണ്ട് നമ്മുടെ ആ സാഹചര്യത്തെ ആ ജീവിതത്തെ അതിൻ്റെ പ്രത്യേകതകളെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം എന്നുള്ള നിലയിൽ അതിനെ സ്വീകരിക്കുക നമ്മുടെ പാനപാത്രത്തെ മറ്റൊരാളുടെ പാനപാത്രവുമായി താരതമ്യം ചെയ്ത് നമ്മൾ സങ്കടപ്പെടേണ്ടതായിട്ടില്ല അങ്ങനെ താരതമ്യം ചെയ്താൽ നമ്മുടെ സങ്കടം വർദ്ധിക്കുകയുള്ളൂ ലൂക്കോസിൻ്റെ സുശേഷം പത്താമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ നേരത്തെയും ഒരിക്കൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു കർത്താവ് ശിഷ്യന്മാരോട് ശിഷ്യന്മാരെ പല സ്ഥലങ്ങളിലേക്ക് സാക്ഷികളായിട്ട് അയക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കൊച്ചു വാചകമാണ് നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിക്കുക കണ്ടോ അതൊരു പ്രമാണമാണ് ജീവിതം നമ്മുടെ മുമ്പിൽ എന്താണ് വെച്ചേക്കുന്നത് സന്തോഷമാണോ വെച്ചത് സങ്കടമാണോ വെച്ചത് എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് അത് ലൂക്കോസ് പത്തിൻ്റെ എട്ടിലെ കർത്താവ് പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒന്നാമത്തെ പാഠം നമുക്ക് തന്ന ജീവിതം നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാം പിതാവ് എനിക്ക് തന്ന പാനപാത്രമാണ് അത് ഞാൻ കുടിക്കേണ്ടതാണ് എന്നുള്ള ഒരു അംഗീകാരം അങ്ങനെ ഒരു അക്സപ്റ്റൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സങ്കടങ്ങളെ ഒത്തിരി മാറ്റും എന്ന് തന്നെയല്ല അത് സഹിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും നമുക്ക് പ്രത്യേക അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രത്യേക ശക്തി ലഭിക്കും മറ്റുള്ളവരുമായിട്ട് താരതമ്യം വേണ്ട നമ്മുടെ പാനപാത്രം നമ്മുടേത് ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് നമുക്ക് ഭക്ഷിക്കാം ദൈവം നമ്മെ മുന്നോട്ട് നടക്കും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ കർത്താവിൻ്റെ ഈ മൊഴിയുടെ ഈ പ്രസ്താവനയുടെ പിന്നിലുള്ള മനോഭാവം എന്താണ് സാധാരണ മനുഷ്യരെല്ലാം അവരവർക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ കർത്താവ് എന്താ ചെയ്യുന്നത് തന്നെ പീഡിപ്പിച്ച ആളുകൾക്ക് മറ്റുള്ളവർക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത് എന്താ കർത്താവ് ഇവിടെ പറയുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു അപ്പം ഇവിടെ ഈ വാക്കുകളിൽ കർത്താവ് മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് മനോഭാവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു അതായത് എന്താ ഇവര് ഇവര് ചെയ്യുന്നത് എന്താണെന്ന് സത്യത്തിൽ ഇവർക്കറിഞ്ഞുകൂടെന്ന് കർത്താവ് പറയുന്നു അവർക്ക് വേണ്ടി അവർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നിട്ട് രണ്ടാമതോ അവരോട് ക്ഷമിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ഒരു മനോഭാവം കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ വിഷമങ്ങളെ ഒത്തിരി മാറ്റും നമുക്ക് കർത്താവിനെപ്പോലെ സന്തോഷഭരിതമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയും കർത്താവിന് സങ്കടങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സങ്കടങ്ങൾക്കിടയിലും ഇത്രയേറെ സന്തുഷ്ടനായ മറ്റൊരുവൻ ഈ ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിട്ടില്ല എങ്ങനെയാണ് കർത്താവിന് അങ്ങനെ സന്തുഷ്ടനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞത് താനെ കൈക്കൊണ്ട നിലപാടുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തൻ്റെ ജീവിതത്തെ അതേപോലെ തന്നെ കർത്താവ് സ്വീകരിച്ചു അതാണ് തന്നെ സന്തുഷ്ടനാക്കിയ ഒരു കാര്യം രണ്ടാമത് ഇതാ താന് തനിക്കെതിരായിട്ട് പലരും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തനിക്ക് മനസ്സിലാക്കാൻ ഒക്കാത്ത മട്ടിലെ ചില കാര്യങ്ങൾ അവരെ പ്രിയപ്പെട്ടവർ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയവർ തന്നെ ചെയ്യുമ്പോൾ അവർക്കെതിരെ കയ്പിൻ്റെ ചിന്തകളും പകയുടെ ചിന്തകളും താലൂലിക്കാനായിട്ട് ആണ് സ്വാഭാവികമായ പ്രേരണ നമ്മുടെ ചിന്തയിൽ എപ്പോഴും നമ്മൾ നമുക്കനുകൂലമായിട്ട് നിൽക്കും മറ്റുള്ളവർക്കെതിരായിട്ട് നിൽക്കും ഇതാണ് മനുഷ്യൻ്റെ പൊതു സ്വഭാവം പക്ഷേ കർത്താവ് ഇവിടെ എന്താ ചെയ്യുന്നത് കർത്താവ് അവർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുക കർത്താവ് പറയും ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയുന്നില്ല സത്യത്തിൽ അറിയാതെയാണോ നമ്മൾ വളരെ ലോജിക്കായിട്ടും വളരെ യാഥാർത്ഥ്യബോധത്തോടെയും ഒക്കെ ചിന്തിക്കുന്ന വളരെ മിടുക്കരായ മനുഷ്യരാണല്ലോ നമ്മൾ കർത്താവിൻ്റെ സ്ഥാനത്താണെങ്കിൽ നമ്മളെന്ത് ചിന്തിക്കും ആഹാ ഇവർക്ക് അറിഞ്ഞുകൂടാ എന്നങ്ങനാ പറയുന്നത് ഒരു ഒരു വയസ്സുള്ള ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ പച്ച പിടിച്ച് അവനെ ക്രൂശില് തറച്ച് കൊല്ലുകയും അവനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അറിയാതാണോ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ അറിഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ദൈവമയെ ഇവർ ചെയ്യുന്നതിന് ഇവർക്ക് ഇരട്ടിയായിട്ട് പ്രതികാരം ചെയ്യണമേ ഇങ്ങനെയല്ലേ സാധാരണ ആളുകൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് ഇവിടെ പക്ഷേ കർത്താവ് പറയുന്നത് കണ്ടോ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നില്ല അതെന്താ അങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കർത്താവ് ഇതായിരിക്കണം ഉദ്ദേശിച്ചത് ഇവർ ചെയ്യുന്നതിൻ്റെ കോൺസിക്വൻസ് ഇത് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ പോകുന്ന നിത്യതയിൽ ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം സത്യത്തിൽ ഇവർ വേണ്ട അറിയുന്നില്ല ദൈവപുത്രനെയാണ് ഇവരെ ക്രോശിക്കുന്നതെന്നും ഇത് തങ്ങളുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുമെന്നും ഉള്ള കാര്യങ്ങളൊന്നും അവരെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അതൊരു കള്ളമല്ല താൻ മറ്റുള്ളവർക്ക് അനുകൂലമായി ചിന്തിക്കുമ്പോൾ അതൊരു കള്ളമല്ല നമ്മൾ ഹൃദയത്തിലെ കൊണ്ട് നമ്മളെ വേദനിപ്പിച്ച നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ അയാൾ നമ്മളെ വേദനിപ്പിച്ചു പക്ഷേ അത് നമ്മിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അയാൾക്കൊരുപക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന അയാളുടെ കുത്തുവാക്കുകൾ അയാളുടെ പരിഹാസം അയാൾ നമുക്ക് എതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ആ വലിയ അതിൻ്റെ കോൺസിക്വൻസിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് അയാ അയാളുടെ തന്നെ ജീവിതത്തിന് പിന്നീട് സമ്മാനിക്കാൻ പോകുന്ന നിത്യതയിലെ അയാൾക്ക് വരുത്താൻ പോകുന്ന കേടുകളെക്കുറിച്ച് അയാൾക്കറിഞ്ഞുകൂടായിരുന്നു അയ്യോ പാവം അങ്ങനെ കാണുമ്പോൾ നമുക്ക് അവരോട് സങ്കടവും സഹതാപവും തോന്നും കർത്താവിന് അതാണ് തോന്നിയത് നമ്മൾ കർത്താവിനെ ഒറ്റക്കൊടുത്ത ഇസ്കരിയോത്ത യൂതയുടെ കാര്യം തന്നെ നോക്കുക ഇസ്കരിയോത്ത യൂത കർത്താവിനെ ഒറ്റക്കൊടുത്തു അതറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടാണ് അവൻ ചെയ്തത് അതിൻ്റെ പണവും വാങ്ങി പക്ഷേ പിന്നീട് എന്തിനാണ് ഇസ്കരിയോത്ത യൂത ആത്മഹത്യ ചെയ്തത് തീർച്ചയായിട്ടും അതുണ്ടാക്കാൻ പോകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് ഇസ്കരിയോത്ത യൂത ഉറ്റിക്കൊടുക്കുമ്പോൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല പിന്നീട് അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കും കർത്താവിൻ്റെ ഈ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ എടുക്കാം നമുക്ക് നമുക്ക് നമു എപ്പോഴും എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കുത്തുവാക്കുകളോ മോശപ്പെട്ട പെരുമാറ്റങ്ങളോ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തയിൽ നമുക്കനുകൂലമായിട്ട് നിൽക്കാതെ അയ്യോ അവർക്ക് ഇതിൻ്റെ പരിണത ഫലം വേണ്ടതുപോലെ മനസ്സിലായി കാണുകയില്ല എന്നവർക്കൊരു അലവൻസ് കൊടുത്ത് നമ്മൾ ക്ഷമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടമാക്കി തീർക്കും യേശു നമ്മൾ പറഞ്ഞു ഏറ്റവും സന്തുഷ്ടനായ ആളായിരുന്നു എന്തുകൊണ്ടാണ് ഈ ആളുകളെ കുറിച്ചുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് താൻ മരിക്കാതെ അവർ ചെയ്യുന്നതെന്തെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവരോട് ക്ഷമിച്ചതുകൊണ്ട് കർത്താവിന് സന്തോഷ് സന്തോഷത്തോടെ ഈ ലോകം വിട്ട് കടന്നു കഴിഞ്ഞു നമ്മൾ അതുകൊണ്ട് ഒന്ന് നമ്മൾ മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുക അവർക്ക് അലവൻസ് കൊടുക്കുക അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് കരുതുക അതൊരു കള്ളമല്ല നമ്മൾ വിശ്വസിക്കുന്നത് മറിച്ച് അതുണ്ടാക്കാൻ പോകുന്ന അതിൻ്റെ ഫലം ഇസ്കരിയോത്തായൂതായെപ്പോലെ അവർ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്കവരോട് അത് അവർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാനും അതിനപ്പുറത്ത് അവർക്ക് മാപ്പ് കൊടുക്കാനും കഴിയും ഏഹ് മാപ്പ് കൊടുക്കുമ്പോൾ മാപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഒരു ഒരു പ്രയോഗമുണ്ട് അവിടെ വളരെ ശേഷം യാക്കോബ് യേശാവിനെ കാണുന്നു യാക്കോബ് യേശാവിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശവും തട്ടിയെടുത്തൊക്കെ പോയവനാ പക്ഷേ ഇപ്പൊ താൻ മടങ്ങി വരുമ്പോൾ യേശാവിതാ ചില ആളുകളുമായിട്ട് തൻ്റെ നേരെ വരുന്നു എന്ന് കേൾക്കുന്നു കേട്ടപ്പോൾ തന്നെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കാനാണോ എന്നവൻ പേടിച്ചു പക്ഷേ ഉൽപത്തി പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പത്ത് നോക്കുക അവിടെ ആ യേശാവ് ക്ഷമ കൊടുത്ത് അവനെ തൻ്റെ അനുജനായിട്ട് സ്വീകരിച്ചപ്പോൾ ഏശാവിനെ കുറിച്ച് യാക്കോവ് ഞാൻ നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് ഇപ്പോൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനഞ്ച് പ്രിയപ്പെട്ടവർ അപ്പോൾ ക്ഷമ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ക്ഷമ കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയായി തീരുകയാണ് അതുകൊണ്ട് അവർ ചെയ്യുന്നതെന്തെന്നറിയുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് ക്ഷമ കൊടുക്കുക യേശാവ് യാക്കോബിനെയോട് ക്ഷമിച്ചു ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് ജ്യേഷ്ഠൻ്റെ മുഖത്ത് നോക്കിയപ്പം അനിയന് പറയുകയാണ് ജ്യേഷ്ഠ നിങ്ങളുടെ മുഖത്തിന് ദൈവത്തിൻ്റെ മുഖം പോലെയാണ് ഞാനതിനെ കാണുന്നത് എന്നാ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ മീഖായുടെ പുസ്തകം നാലാമത്തെയ മൂന്നാമത്തെ വാക്യം നേരത്തെയും നമ്മൾ ഒരിക്കൽ വായിച്ചിട്ടുള്ളതാണ് വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കുക എന്നാണ് അവിടെ പറയുന്നത് വാളെന്ന് പറയുന്നത് എന്താ അതൊരു ആയുധമാണ് കൊഴുന്ന് പറയുന്നത് എന്താ അത് ഒരു കൃഷി ആയുധമാണ് കുന്തമെന്ന് പറയുന്നത് എന്താ അതൊരു ആയുധമാണ് വാക്കത്തി എന്ന് പറയുന്നത് എന്താ ഒരു കൃഷി ഉപകരണമാണ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ യുദ്ധോപകരണങ്ങളെ നമ്മുടെ ആ ആയുധങ്ങളെ നമ്മൾ എന്താക്കി തീർക്കണം തൊഴിലുപകരണമാക്കി തീർക്കണം അല്ലെങ്കിൽ കൃഷിക്കുപയുക്തമായത് അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമമാക്കി നമ്മൾ മാറ്റിത്തീർക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇതും നമുക്ക് ആളുകളോട് ക്ഷമിച്ചാലും അവരോട് ക്ഷമ കൊടുത്താലും മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാനൊക്കെയുള്ളൂ ചില ആളുകൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി ഏ പക്ഷേ അതിൻ്റെ ഒരു കയ്പ്പ് നമ്മളെ മനസ്സിൽ സൂക്ഷിച്ച് നമ്മൾ മറ്റ് നമ്മളേക്കാൾ ചെറിയ ആളുകളോട് നമ്മൾ ആ കയ്പ്പ് തീർക്കുമ്പം നമ്മൾ ആ വാളുകളെ വാളുകളായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ വാളിനെ കൊഴിവാക്കി മാറ്റാനൊക്കും ആ വാളിനെ ഒരു തൊഴിലുപകരണമാക്കി പ്രയോജനപ്രദമാക്കാനൊക്കും നമ്മളോർക്ക് ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി കയറി വന്നു അവൾ അവിടെ മരുമകളായിട്ട് വരുമ്പോൾ അവിടെയുള്ള അവളുടെ അമ്മാവിയമ്മയും നാത്തൂമാരും എല്ലാം അവളോട് മോശമായിട്ട് പെരുമാറി വളരെ നാളെ പീഡിപ്പിച്ചു ഇപ്പോൾ വർഷങ്ങൾ കടന്നുപോയി കാലങ്ങൾ കടന്നുപോയി ഇന്ന് ആ മരുമകൾ അവളുടെ വീട്ടിൽ ഒരു അമ്മാവിയമ്മയാണ് അവളുടെ വീട്ടിൽ ഇതാ ഒരു പെൺകുട്ടി കയറി വരുന്നു മരുമകളായിട്ട് കയറി വരുന്നു അവൾക്ക് ഓർമ്മകളുണ്ട് തന്നെ തൻ്റെ അമ്മാവിയമ്മയും നാത്തൂന്മാരും പീഡിപ്പിച്ചതിനെ കുറിച്ച് അവർ തൻ്റെ നേരെ എടുത്ത വാളുകളെക്കുറിച്ച് ആ മുറിവുകളെക്കുറിച്ച് ഇവൾക്ക് ഓർമ്മയുണ്ട് പക്ഷെ ആ ഓർമ്മ ആ വാളുകളെ അവളെ ഈ കയറി വന്ന ആ തൻ്റെ മരുമകളോട് തൻ്റെ മകളായിട്ട് അവളെ കണ്ട് അവളോട് സ്നേഹത്തോടെ പെരുമാറുമ്പം ഇവളെന്താ ചെയ്യുന്നത് ആ വാളിനെ കൊഴിവാക്കി മാറ്റുക ചെയ്യുന്നു കുന്തത്തെ വാക്കത്തിയാക്കി മാറ്റുക ചെയ്യുന്നു ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിലായോ പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്കെതിരെ ആളുകൾ പലത് ചെയ്തിട്ടുണ്ടാവും അതിനെക്കുറിച്ചുള്ള മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ ഒരു വാള് പോലെ കൊണ്ട് നടന്ന് പിന്നീട് നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മളെക്കാളും താഴെയുള്ള മറ്റു പലർ നേരെ ആ വാൾ ഓങ്ങരുത് അതിന് പകരം നമ്മളോടവർ മോശമായിട്ട് പെരുമാറിയതിൻ്റെ ഓർമ്മകളെ നമ്മൾ കൊഴുക്കളായിട്ട് അടിച്ചു മാറ്റണം കുന്തങ്ങളെ വാക്കത്തികളായിട്ട് അടിച്ചു തീർക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മനോഭാവം നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും കർത്താവ് പറയുന്നു പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയുന്നില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് ക്ഷമ നൽകുകയും അവരോട് അവരെ വെറുതെ വിടുകയുമാണ് ചെയ്യുന്നത് നമുക്കും അതുകൊണ്ട് ക്ഷമ കൊടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുഖമാണ് ഉള്ളത് നമുക്ക് ഈ ഒരു മനോഭാവവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയാൽ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നമ്മളും പങ്കാളികളാകുകയാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തിയാറാണ് അവിടെ നമ്മൾ കാണുന്നത് യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞ അവസാന വചനമാണ് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സങ്കടങ്ങളെ അത് ദൈവത്തെ തന്നെ ഏൽപ്പിക്കുക നമ്മുടെ സങ്കടങ്ങളെ മറ്റു പലർക്കും വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല നമ്മൾ ചിലർക്ക് ക്ഷമ കൊടുത്തു നമ്മൾ വാളുകളെ കൊഴുക്കളായിട്ടും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർത്തു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ചു അവർക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചു നമ്മുടെ ജീവിതത്തെ നമ്മൾ അതേപോലെ സ്വീകരിച്ചു ഇതൊക്കെ ചെയ്താലും പലർക്കും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാവുകയില്ല അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു ഒടുവിലായിട്ട് തൻ്റെ ആത്മാവിനെ തൻ്റെ ജീവിതത്തെ മുഴുവൻ എല്ലാം മനസ്സിലാകുന്ന ആ പിതാവിൻ്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത് നമ്മൾ യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇതേ കാര്യത്തെ കാണുന്നുണ്ടല്ലോ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു കർത്താവ് ക്രൂശിലുയർത്തപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഒരു ആ നിലയിൽ മുൻകൂർ പറയുന്ന ഒരു പ്രവചനാത്മാവിലുള്ള ഒരു വാക്യമാണ് യോഹനാൻ മൂന്ന് പതിനാല് അവിടെ യേശു ക്രൂശിൽ ഉയർത്തപ്പെടുന്നതിനെ ഏതിനോട് ചേർത്താ പറഞ്ഞേക്കുന്നത് മോശമരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മോശമരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ ആ രംഗം നമുക്കറിയാം നമ്മളത് വായിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന രംഗമാണ് ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടു വന്നപ്പോൾ അവർക്ക് അഗ്നി സർപ്പത്തിൻ്റെ കടിയേറ്റു അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ് മരിച്ചപ്പോ ദൈവം അതിനൊരു പ്രതിവിധി പറഞ്ഞു നീ മോശേ നീ പിച്ചിള കൊണ്ട് ഒരു സർപ്പത്തെ ഉയർത്ത് അപ്പോ ഈ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരണത്തോട് സമീപിക്കുന്ന ആളുകൾ മിഴി ഉയർത്തി കണ്ണുയർത്തി ഈ പിച്ചിള സർപ്പത്തെ ഉയർത്തിയിരിക്കുന്ന പിച്ചിള സർപ്പത്തെ നോക്കിയാൽ അവർക്ക് സൗഖ്യം വരും കണ്ടോ അവരെ കടിച്ചതെന്താ ഒരു സർപ്പമാണ് കടിച്ചത് പക്ഷേ അവർ ഉയർത്തിയതെന്താ ആ സർപ്പത്തിന്റെ രൂപം തന്നെയാണ് ഉയർത്തിയത് ആ സർപ്പത്തിൻ്റെ രൂപത്തെ തന്നെ നോക്കിയാണ് അവർക്ക് സൗഖ്യം വന്നത് ഞാൻ പറയാൻ വന്നത് നമ്മളെ കടിച്ച സർപ്പം അല്ലെങ്കിൽ നമ്മളെ മുറിവേൽപ്പിച്ച ആ നിലയിലുള്ള ആ സങ്കടാനുഭവം ആ ദുഃഖാനുഭവം ആ ദുഃഖാനുഭവത്തെ എന്താ വേണ്ടത് നമ്മൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി അതിനെ പിതാവിങ്കിലേക്ക് തന്നെ നൽകുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മളെ സൗഖ്യപ്പെടുത്തും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മനുഷ്യപുത്രനെ ഉയർത്തിയതുപോലെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു കർത്താവും തൻ്റെ സങ്കടങ്ങളെ ആരെയും ഏൽപ്പിച്ചു തൻ്റെ പിതാവിനെ ഏൽപ്പിച്ചു പിതാവിനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എല്ലാ കാര്യങ്ങളും അറിയുന്ന എന്നെ വേണ്ടതുപോലെ മനസ്സിലാകുന്ന എൻ്റെ പിതാവിന് മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എൻ്റെ സങ്കടങ്ങളെ നിന്നിലേക്ക് ഞാൻ ഉയർത്തുന്നു യേശു അങ്ങനെ ചെയ്തെങ്കിൽ യേശുവിൽ നിന്ന് നമുക്ക് ആ മാതൃക കൈകൊണ്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സങ്കടങ്ങളെയും നമ്മളെന്ത് വേണം ആ സങ്കടങ്ങളെ നമ്മളെ പിതാവിങ്കിലേക്ക് ഉയർത്തി ദൈവത്തിങ്കിലേക്ക് തന്നെ പരമേൽപ്പിച്ച് അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല അതിനെ പിതാവിങ്കിലേക്ക് തന്നെ ഏൽപ്പിച്ച് ആ പിച്ചിള സർപ്പത്തെ നോക്കി അവർ സൗഖ്യം പ്രാപിച്ചതുപോലെ ആ വിഷമത്തെ തന്നെ പിതാവിങ്കിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അതേ നോക്കി തന്നെ ആ സൗഖ്യം പ്രാപിച്ചവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷേ നമ്മളെന്ത് ചെയ്യും നമ്മളതിനെ പിതാവിംഗിലേക്ക് ഏൽപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് ക്രമേണ ക്രമേണ മറക്കാനായിട്ട് കഴിയും നമ്മളേറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വന്തം സഹോദരങ്ങളാൽ പോലും ആ നിലയിൽ തള്ളിക്കളയപ്പെട്ട ഒരു കഥാപാത്രം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് ജോസഫാണ് ജോസഫാണ് ജോസഫിനെ സ്വന്തം സഹോദരന്മാരാണ് ആ നിലയിൽ വിറ്റതും അടിമയായിട്ട് വിറ്റതും ഒക്കെയും നമുക്കറിയാം എന്നാൽ ഒടുവിൽ ആ ജോസഫിൻ്റെ ചരിത്രത്തിൽ ജോസഫിന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിന് മനശ്ശേ എന്ന് പേരിടാനുള്ള കാരണം എന്താ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊന്നിൻ്റെ അൻപത്തൊന്ന് നോക്കുക ഉൽപ്പത്തി നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് ജോസഫ് പറഞ്ഞു ആ കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ സകല കഷ്ടതയും പിതൃഭവനവും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് മനശ്ശേ എനിക്കത് മറക്കണം എന്ന് പറഞ്ഞ് താൻ മനശ്ശേ എന്ന പേരിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് കണ്ടോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ സങ്കടങ്ങളെ ദൈവത്തിങ്കിലേക്ക് തന്നെ കൊടുക്കുമ്പോൾ ക്രമേണ നമുക്ക് ആ സങ്കടങ്ങളോട് മനശ്ശേ അത് ഞാൻ മറക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ നിലയിൽ കർത്താവ് കാണിച്ച ഈ മാതൃകയനുസരിച്ച് നമുക്കും നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തിനെ ഏൽപ്പിക്കുക നമ്മുടെ സങ്കടങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാകുന്ന ഒരാളേ ഉള്ളു അതാരാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഉണ്ടാകാവുന്ന എല്ലാ സങ്കടങ്ങളിലൂടെയും കടന്നു ഒരാളാണ് യേശു ക്രിസ്തു അവിടുന്ന് തൻ്റെ ജനനം തന്നെ ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ ജനനത്തിൽ തന്നെ അവനെ അവൻ്റെ ജനനം ശരിയല്ല എന്ന് പറഞ്ഞ് ആളുകൾ ആക്ഷേപിച്ചു തുടങ്ങിയതാണ് അവിടെ തന്നെ അവൻ്റെ സങ്കടങ്ങൾ ആരംഭിച്ചു നമുക്കറിയാമല്ലോ യേശു പരശുശുശ്രൂഷയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരവനെ എന്ത് വിളിച്ചു ജോസഫിൻ്റെ മകനെന്ന് വിളിച്ചു അതേസമയം ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും യേശു പറയുകയോ ചെയ്യുകയോ ചെയ്തപ്പം അവരെന്താ പറഞ്ഞത് മറിയയുടെ മകനെന്നാണ് വിളിച്ചത് എന്താ മറിയയുടെ മകൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മറിയയ്ക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട് എന്നുള്ള നിലയിൽ ഒരു ദുസ്സൂചനയുള്ള പ്രയോഗമാണ് മറിയയുടെ മകൻ അതേസമയം അവർക്ക് സന്തോഷം തോന്നിയപ്പോൾ അവർ ആ യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് അവരുടെ പാരമ്പര്യം അപ്പോഴവർ സന്തോഷം തോന്നിയപ്പം ജോസഫിൻ്റെ മകൻ എന്ന് പറഞ്ഞു അവർക്ക് ദേഷ്യം തോന്നിയപ്പം മറിയയുടെ മകൻ എന്നാണ് കർത്താവിനെ ആക്ഷേപിച്ചത് അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം ജനനം മുതൽ തന്നെ അവൻ എന്തെന്തു സങ്കടങ്ങളിലൂടെ കടന്നുപോയി ഗർഭപാത്രത്തിൽ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുട്ടിയാണ് യേശു ചെറുപ്പത്തിലെ ദാരിദ്ര്യമാണ് തനിക്കുണ്ടായിരുന്നത് ഒരു വീടില്ല ഏർ മനുഷ്യപുത്രനെ തലചായ്പടമില്ല എന്നാണ് പറഞ്ഞത് അവനെ ജനിച്ചു വീണത് നമുക്കറിയാമല്ലോ പുൽത്തൊഴുത്തിൽ അങ്ങനെ ആണ് കർത്താവിൻ്റെ ജനനം ഓ ഈ ലോകത്തിന്റെ കഷ്ടതകളിലൂടെ താൻ കടന്നുപോയി ഒടുവിലുള്ള മൂന്നര വർഷം പരശ്യശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോഴും കൂടെ ഉള്ളവരവനെ വിശ്വസിച്ചില്ല അവനെ തള്ളിക്കളയുകയും അവനെ ആ നിലയിൽ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു അപ്പോഴ് ഒരു മനുഷ്യനീ ലോകത്ത് വച്ച് സംഭവിക്കാവുന്ന എല്ലാ സങ്കടങ്ങളിലൂടെയും കടന്നു യേശു ആ യേശുവിലേക്ക് നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ ഉയർത്തിക്കാട്ടിയാൽ കർത്താവിനത് മനസ്സിലാകും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ നമ്മൾ പതുക്കെ വായിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും മർക്കോസ് പതിനാല് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് അവിടെ ഗസമനത്തോട്ടത്തിലെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു എക്സീഡിംഗ്ലി സോറോഫുൾ ഈവൻ ടു ഡെത്ത് എന്നാണ് ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു അപ്പോൾ സങ്കടങ്ങളെ അതിൻ്റെ ഏറ്റവും തീവ്രമായ നിലയിൽ അനുഭവിച്ചറിഞ്ഞവനാണ് യേശു കർത്താവ് ആ യേശു നമ്മുടെ സങ്കടങ്ങൾ ഏൽപ്പിക്കുക നമ്മുടെ സങ്കടങ്ങൾ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ മുറിവിനെ അവിടുന്ന് പൊറിപ്പിക്കും നമുക്ക് അത് മറക്കാനായിട്ട് കർത്താവ് ആ നിലയില് കൃപ നൽകും യേശാവിൻ്റെ പുസ്തകം അൻപത്തിമൂന്നിൻ്റെ അഞ്ചാമത്തെ വാക്യം എന്തുകൊണ്ടാ ഭൂമിയിൽ ഇത്രയേറെ കഷ്ടങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും യേശു കടന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്നുവെച്ചാൽ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവൻ്റെ അവൻ്റെ ശിക്ഷ മൂലം നമുക്ക് പുറതി കിട്ടി എന്നാണ് നമ്മൾ വായിക്കുന്നത് എങ്ങനെ ആ പുറതി കിട്ടുന്നത് നമ്മളെ മനസ്സിലാക്കുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ അവങ്കിലേക്ക് മോശ ആ നിലയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും നമ്മുടെ മുമ്പാകെ ഉയർത്തിയിരിക്കുന്നു ആ കർത്താവിലേക്ക് നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന് സഹോദര സഹോദരി കുഞ്ഞെ ചെറുപ്പക്കാരാ നിന്റെ വിഷമങ്ങൾ മനസ്സിലാകും കർത്താവ് സ്വീകരിക്കും അതിന് പകരം മനുഷ്യരെ കുറിച്ച് പരാതിയും കയ്പുമുള്ളവരായിട്ട് ജീവിക്കാതിരിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞത് പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു യേശു തൻ്റെ സ്വന്തം ജീവിതത്തെ ദൈവം തനിക്ക് നൽകിയതുപോലെ പിതാവ് തന്ന പാനപാത്രം പോലെ സ്വീകരിച്ചു അതുപോലെ കർത്താവ് മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചു അവരോട് ക്ഷമിച്ചു തൻ്റെ സ്വന്തം സങ്കടങ്ങളെ താൻ ദൈവത്തെ ഏൽപ്പിച്ചു ഇതൊക്കെയായിരുന്നു തൻ്റെ ജീവിതം എന്ന തനിക്ക് തന്നത് ഈ പാനപാത്രത്തിൽ നിന്ന് താൻ കുടിച്ചു ഈ മനോഭാവവും ഈ കാഴ്ചപ്പാടും ഈ പാനപാത്രവും അതിൽ പങ്കാളികളാകാനായിട്ടാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് ഇതിൽ നിന്ന് കുടിപ്പീൻ ഇതിൽ നിന്ന് വാങ്ങിക്കുടിപ്പീൻ എന്ന് പറയുമ്പോൾ കേവലം അതൊരു ചടങ്ങല്ല കർത്താവ് ഈ ജീവിതത്തിൽ കയ്യാളിയ മനോഭാവങ്ങൾ കർത്താവ് സന്തുഷ്ടനായിരിക്കാനായിട്ട് താനെ കൈക്കൊണ്ട നിലപാടുകൾ ആ നിലപാടുകൾ നമ്മളക്കമിട്ട് പറഞ്ഞു യേശു ജീവിതത്തെ അതേപോലെ തന്നെ പിതാവ് തന്ന പാനപാത്രമായിട്ട് സ്വീകരിച്ചു മറ്റുള്ളവർക്ക് കൺസെഷൻ കൊടുത്തു അവർക്കനുകൂലമായിട്ട് ചിന്തിച്ചു അവരോട് ക്ഷമിച്ചു അവരെക്കുറിച്ച് കയ്പോ പകയോ സൂക്ഷിച്ചില്ല അതുപോലെ എന്നിട്ടും തന്നിൽ അവശേഷിച്ച സങ്കടങ്ങളുണ്ടെങ്കിൽ അതിനെ പിതാവിങ്കിലേക്ക് ഉയർത്തി അങ്ങനെ താന് ഈ ലോകത്ത് കഷ്ടതയുടെ ഒരു പാനപാത്രം താൻ കുടിച്ചു എന്നിട്ട് കർത്താവ് പറയുന്നു ഈ കാഴ്ചപ്പാടും ഈ മനോഭാവവും ജീവിതത്തോടെ ഇതേ കാഴ്ചപ്പാടും വെച്ച് പുലർത്തി നിങ്ങളും ഈ പാനപാത്രത്തിൽ പങ്കാളികളാകുവേൻ ഇതിൽ നിന്ന് കുടിപ്പീനെന്ന് നമ്മളോട് പറയുന്നു നമ്മൾ ഈ മനോഭാവം പുലർത്തുമെങ്കിൽ നമ്മൾ ഈ പാനപാത്രത്തിൽ നിന്ന് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി കുടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കിതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് കർത്തൃമേശയുടെ ആത്മാവ് ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ